यो मे दृष्टि की श्री राम जय राम जय जय राम श्री श्री जय श्री सुसु जय जय राम जय राम जय जय राम जय राम जय जय राम ദർശനുതംസം തസവ്യാഖ്യനം ഭവ്യകാതി ഓക്കാര യമാണോ ബ്രസുദനവിശതിമുഖസ്തു വൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോന്ധപ്രസേകോനവിശതിമുഖ പ്രവൃത്തഭുക്തജസ്പത്രമയതപനം വസരി ശം സേകീഭൂത പ്രജ്ഞാനഘനേവാനന്ദമയൂഹുചേദോ മുഖ രാജസ്തൃതീയ പദ सर्वस्य മന്ദ്രജ്ഞം നോ ഭേദ പ്രജ്ഞംനം നദൃശ്യമവ്യവഹാരൃമ്രാഹ്യമലക്ഷണം അചിന്യവ്യപദേശം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപമം ശം ശിവം അദ്വൈതം ചതുഥം മഞ്ഞേ സാത്മാേയ ക്ഷരമരിതസ്ഥോ വൈശ്വാനു അഥമാത്രം തേരാദിമോദി സർവാൻ കാമാ ഭോദിയം വേദ സ്ഥാനസ ഉപാരോ ദ്യ മാത്ര ഉത്കർഷാ ഉപഭയത്വാൻ വൈ ഞാനസന്ധി സമാനശ്ചോതി നമ്മവി മാത്രോഹിഹ പ്രപഞ്ചോപത്സ്യോ അദ്വൈത ോകാര ആത്മീവ സമ്മിശതി ആത്മന ആത്മാനം എവം വേദ ദുർദർശം അതിഗംഭീരം സാമ്യം വിശാരദം ബുദ്ധ്വാ പദം അനാ ന്മസ്കുമോ യഥാബലം ശാസ്ത്രസമാവും പരമാർത്ഥ സ്ഥിത്യർത്ഥം നമസ്കാരം ശാസ്ത്രത്തിന്റെ സമാപ്തിയില് ശാസ്ത്രം ഏതൊരു പരമാർത്ഥ തത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് ആ തത്വത്തെ സ്തുതിക്കുന്നതിനു വേണ്ടി സ്തുതിക്കുന്നത് അതിന്റെ മഹത്വത്തെ ശ്രോതാക്കൾക്ക് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു അതിനെ നമസ്കരിക്കുന്നു നമസ്കാരവും ദർശനം ദുർദർശം ഇത് ഇതിന്റെ ദർശനം ആയാസകരമാണ് ദുർദർശനം ദുഃഖേന ആയാസത്തോടുകൂടിയാണ് ഇതിന്റെ ദർശനം എന്തുകൊണ്ടാണ് ആയാസം എന്ന് പറഞ്ഞത് അസ്ഥി നാസ്തീതി ചതുഷ്കോടി വർജിതത്വേയം ബോധം അല്ലെങ്കിൽ അറിവ് അസ്ഥി നാസ്തി ഇങ്ങനെയുള്ള ഏതെങ്കിലും കോടികളെ പറഞ്ഞു അസ്ഥി നാസ്തി അസ്ഥി നാസ്തി ഏതെങ്കിലും ഒരു ഭാഗത്തിലേ നീക്കത്തുള്ളൂ അറിവിന് അതിന്തിനെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിരപേക്ഷമായിരിക്കാൻ പറ്റത്തില്ല അത് സ്വയം നിരപേക്ഷമാണെങ്കിൽ അതിന് ത്രിപുടി രൂപത്തിൽ അറിയുന്നതിന് ഈ പ്രപഞ്ചത്തെ അറിയുന്നതിന് അതിന് മായയുടെ സഹായം വേണം മായയാകുന്ന ഉപാധിയോടു കൂടി ചേർന്ന് അത് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിരപേക്ഷത പൂർണ്ണതയിൽ തത്വമാണെങ്കിലോ നിരപേക്ഷമാണ് പൂർണ്ണമാണ് അപ്പൊ ഈ മായ യുക്തമായിരിക്കുന്ന മനസ്സുകൊണ്ട് മായാ നിരപേക്ഷമായിരിക്കുന്ന തത്വത്തെ അറിയാൻ ശ്രമിക്കുക അത് അസ്ഥിയെന്നോ മാസ്തി എന്നോ ഒന്നും അറിയാൻ കഴിയാതിരിക്കുക അങ്ങനെ വരുമ്പോൾ ഇത് ദുർവിജ്ഞേയമാണ് ദുരിദർശം ദുർവിജ്ഞേയം എന്നെല്ലാം പറയുന്നത് ഇനി പറയും ഭാഷകാലത്ത് അകൃത്ത ബുദ്ധികൾ ഉദ്ദേശിച്ചിട്ടാണ് രണ്ടും പറയുന്നുണ്ടല്ലോ ഒരിടത്ത് പറയും ഇത് അനായാസമാണ് ഒരിടത്ത് പറയുന്നു ഇത് ദുർദർശമാണോ ഇങ്ങനെ അവരുന്ന വൈരുദ്ധ്യം അത് അദ്വൈതത്തിൽ ആദ്യന്തം ബാഹ്യമായി ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ പ്രതീകമാവും നേരൊക്കെ പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ ഈ പറയുന്നു എന്ന് തോന്നിപ്പോകും അത് ഒരിക്കലും തത്വത്തിൽ വൈരുദ്ധ്യമുണ്ടായതുകൊണ്ടല്ല ഒരിടത്തും തത്വത്തിൽ വൈരുദ്ധ്യമില്ല പിന്നെ ഒരേ തത്വത്തിൽ തന്നെ പല തലങ്ങളിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ പല ശൈലിയിൽ വിശദീകരിക്കേണ്ടി ആ വരുന്ന ശൈലി ഭേദ അതിനെയാണ് നമ്മൾ വൈരുദ്ധ്യമായി കണക്കാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വൈരുദ്ധ്യം വാസ്തവത്തിന് ഇവിടെ ഇല്ല ഇത് ഒരേ സമയം ദുരിദർശവുമായിരിക്കുന്നു അതേസമയം അനായാസവുമായിരിക്കുന്നു മനസ്സിന്റെ പക്വത മനസ്സിന്റെ യോഗ്യത അതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദുർദർശനമായി മനസ്സിന്തിനുള്ള യോഗ്യത വന്നുകഴിഞ്ഞാൽ ഇത് അനായാസമായി അതടുത്ത് അതാണ് ഭാഷകാരനടുത്ത് പറയുന്നത് അതേവ അധികം ഭീരം ദുഷ്പ്രവേശം മഹാസമുദ്ര അകൃതപ്രജ്ഞേഹി ആഴം എന്നാണ് അർത്ഥം ഇവിടെ ആഴമുള്ളത് അതിഗംഭീരമാണ് വളരെ ആഴമുള്ളതാണ് എന്നർത്ഥം എന്നുവെച്ചാൽ ഇതിന്റെ അടിത്തട്ട് കാണാൻ കഴിയില്ല എന്നർത്ഥം സമുദ്രത്തെ പോലെ ദുഷ്പ്രവേശം സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകാൻ സാധ്യമല്ല കോയലയാൾ തിരിച്ചു വരത്തില്ല മഹാസമുദ്രവ മഹാസമുദ്രത്തെ പോലെ പക്ഷെ അതിൽ വളരെ പരിചയമുള്ള ആൾക്കാർക്ക് പോവാം തിരിച്ചും വരാം അതിനെക്കുറിച്ചുള്ള അറിവുള്ളവർക്ക് അകൃതപ്രജ്ഞി പ്രജ്ഞയ്ക്ക് ശുദ്ധിയില്ലാത്തവർക്ക് ഇത് സാധ്യമല്ല അപ്പൊ പ്രജ്ഞാശുദ്ധി അതാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം അഹന്ത മമത രാഗദ്വേഷാദികൾ ഇതിൽ നിന്നെല്ലാം പ്രജ്ഞ ആ പ്രജ്ഞയ്ക്ക് ഇത് വെളിപ്പെടുന്നു അല്ലാത്തവർക്കോ ഇത് ഒരിക്കലും അടുത്തിട്ട് കാണാൻ വയ്യാത്തതാണ് രണ്ട് ഭാഗത്തെയും പറഞ്ഞു അതുകൊണ്ട് ഇതിനകത്തൊരു ദർശനമെന്നും അതിഗംഭീരമെന്നും എല്ലാം അതിനെക്കുറിച്ച് പറയാം അജം സാമ്യം വിശാരദം എന്നു പറയുന്നു അതൊക്കെ വിശദീകരിച്ചാണ് എന്തിനെയാണ് ഇങ്ങനെ പറയുന്നത് പ്രയാസമുള്ളതാണെന്നും ആഴമുള്ളതാണെന്നും അജമായിരിക്കുന്ന സാമ്യമായിരിക്കുന്ന സ്വയം വിശാരദം ശുദ്ധമായിരിക്കുന്ന അസംഗമായിരിക്കുന്ന ഈ തത്വം സ്വയം ശുദ്ധമായിരിക്കുന്ന തത്വം തന്നെ ശുദ്ധിയില്ലാത്തവർക്ക് വളരെ ദുർഗ്രഹമായി ദുർഗ്രഹമായി തോന്നുന്നു അസ്വയശുദ്ധമാണോ അസാമ്യം ഏത് രൂപത്തിലിരിക്കുന്നു എന്നിട്ടും അത് പ്രാപിക്കേണ്ടതാണ് പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു ഇതെല്ലാം ബുദ്ധിഭേദമനുസരിച്ചിട്ടാണ് തത്വത്തിൽ ഭേദമുണ്ടായിട്ടല്ല ഈതൃപദം അനാനാത്വം അങ്ങനെയുള്ള ആസ്ഥാനം നാനാത്വ വർജിതം നാനാത്വരഹിതമായിരിക്കുന്ന ആസ്ഥാനം കാരണം നാനാ ഓരോ ശ്രോതാവും തന്നെ അന്യനിൽ നിന്ന് വേർട്ടറിയുന്നു തന്റെ ചിന്തിക്കുന്നു അപ്പം ഭേദബുദ്ധിയോടുകൂടിയാണ് ഇത് ശ്രവിക്കുന്നത് പരമാർത്ഥത്തിലോ ഇതിന്റെ ശ്രവണം കൊണ്ട് ആ നാനാത്വമാണ് ഇല്ലാതാകേണ്ടത് എന്തുകൊണ്ട് ആ തത്വം നാനാത്വ വർജിതമാണ് നാനാത്വരഹിതമായൊരു തത്വത്തെയാണ് പറയുന്നത് അവിടെ എങ്ങനെ ഞാൻ ഉള്ള ഭേദം വരും എങ്ങനെ സ്വന്തം ബന്ധം മോശങ്ങളെ കുറിച്ചുള്ള വരും അതൊന്നും വാസ്തവത്തിനില്ല എന്നറക്കും അതുകൊണ്ട് നാനാത്വ വർജിതമായിരിക്കുന്ന അപ്പദത്തെ അതിനെ അറിഞ്ഞിട്ട് അതറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയം വരും അവഗമ്യ അതറിയുന്ന വിഷയമാണോ ഇതുവരെ പറഞ്ഞ അതാണോ ഏതറിവണ്ടോ അതിനറിയുന്നതും ഒരുപാട് ചോദ്യങ്ങൾ വരും ഇപ്പറിയുന്നവനും അറിവും അറിയപ്പെടുന്ന വിഷയവും ഒന്നാണോ വേറെയാണോ അറിവിനും വിഷയമെല്ലാത്തന്നെ എങ്ങനെ അറിയാൻ കഴിയും എന്നാലും അതേ ശബ്ദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നു ബുദ്ധ ജ്ഞാത്വ അവഗമ്യ ഇങ്ങനെയെല്ലാം പറയുന്നു അറിയുന്നതായി കരുതി പറയുന്നു അപ്പോൾ എന്താ എന്റെ അറിയുന്നു എന്ന് പറഞ്ഞാൽ തത്വത്തെ സംബന്ധിച്ച് ശബ്ദങ്ങൾ പല താല്പര്യത്തിനും പ്രയോഗിക്കും പല വിവക്ഷയിലും പ്രയോഗിക്കും ശ്രോതാക്കളുടെ ഭേദം അനുസരിച്ച് അനുസരിച്ച് പക്ഷേ ഗുരുവനെപ്പോഴും ശ്രമിക്കേണ്ട എന്താണ് അതിന്റെ പരവുമായ താല്പര്യം എന്താണ് ആ താല്പര്യത്തെയാണ് ഗ്രഹിക്കേണ്ടത് അതല്ലാതെയുള്ള അർത്ഥങ്ങൾ അതിന് വരാം ഗുരുവൻ ചിലപ്പോൾ ഗ്രഹിക്കുന്നത് അവന്റെ നില അനുസരിച്ച് പക്ഷെ മുഖ്യമായ താല്പര്യം പരവുമായ താല്പര്യം അത് ഗ്രഹിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ കഴിയണം അപ്പം എന്താണ് തദ്ബുദ് അവഗമ്യ എന്നെല്ലാം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് തദ്ഭൂതാഹ സന്തരൂപങ്ങളായി ഓരോ ശ്രോതാക്കളും തത്സ്വരൂപമായി അതാണ് എന്നെ അറിയുക എന്ന് പറയുന്നത് ഈ ഭ്രാന്തിയെ ശേഷിക്കുന്ന സ്വരൂപമായി ആ പരമമായ തത്വത്തിലേക്ക് ഉണർന്ന് സ്വപ്നത്തിൽ നിന്നും സുഷപ്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് ഉണർന്നിട്ട് ആ ലോകങ്ങൾ എങ്ങനെയാണ് ഒരാൾ ഉപേക്ഷിക്കുന്നത് അവൻ ജാഗ്ര സ്ഥിതനായിരിക്കും ജാഗ്രത്ഭൂതനായി സ്വയം ജാഗ്രത ആയിട്ടിരിക്കുന്നു സ്വയം ഉണർവായിരിക്കുന്നു അവരുടെ സ്വപ്നത്തിന്റെ അവ്യക്തയില്ല സുശൃതിയുടെ അജ്ഞതയില്ല ഒന്നും ഉണർവായി ഇരിക്കുന്നു അതുപോലെ തദ്ഭൂത തുരിയസ്ഥിതനായി നമസ്കുമ തസ്മൈ പതായ അതിനെ നമസ്കരിക്കുക അതിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ് അവിടെ ആചാര്യൻ ആ തത്വവുമായി ഏകീഭവിച്ച് ഗുരുവെന്നോ ശിഷ്യനെന്നോ ബന്ധമെന്നോ മോക്ഷമെന്നോ ഞാനെന്നോ നീയെന്നോ ഉള്ള ഭേദം ഇല്ലാതെ ഭേദശൂന്യനായി ശരി ഏതശിവനായി സ്ഥിതി ചെയ്തിട്ടും വീണ്ടും പറയുന്നു നമസ്കുറുമ്പമസ്കരിക്കുന്നു തത്വത്തെ അറിഞ്ഞിട്ട് നമസ്കരിക്കുന്നു നമസ്കരിക്കാൻ ഇവിടെ ആരാണ് നമസ്കർത്താവായിട്ട് ഒരാളില്ല നമസ്കാര്യമായി മറ്റൊന്നില്ല എന്നാലും പറയുന്നു നമസ്കരിക്കുന്നു എന്താ നമസ്കാരത്തിന്റെ ഉദ്ദേശം തസ്മൈ പതായ ആ പദത്തെ ആ സ്ഥാനത്തെ ുന്നു വാസ്തവത്തിലുള്ള പിന്നെ വ്യവഹാരത്തിന് ഒരവസരമില്ല സർവഭേദശൂന്യനായിരിക്കുന്ന ഗുരുവിൽ പരമതത്വമായിരിക്കുന്ന ഗുരുവിൽ വ്യവഹാരശൂന്യനായിരിക്കുന്നു ആ തത്വത്തിൽ പിന്നെ എങ്ങനെ വ്യവഹാരം വരുന്നു അവിടെ മനസ്സും വാണിയും പ്രവർത്തിക്കുക അതെങ്ങനെയാണോ നമസ്കരിക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം ആ നമസ്കാരത്തിന്റെ താൽപ്പര്യം എന്താണ് ആ തത്വത്തെ വെളിപ്പെടുത്തുക അതിന്റെ മഹത്വത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം വിദ്യാ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമ്പ്രദായത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അനവീണ്ടും സ്തുതിക്കുന്നത് അനുസ്തുതിക്കുമ്പോൾ അതിന്റെ മഹത്വങ്ങളൊക്കെ പറയേണ്ടി വരും അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതെന്താണെന്ന് വെളിപ്പെടുത്തണം അതജമാണ് അതിനെ പ്രാപിക്കുന്നതിൻ്റെ ഉപായങ്ങൾ ഇന്നതൊക്കെയാണ് അതിനെ പ്രാപിച്ചാലുണ്ടാകുന്ന ഫലം ഇന്നതാണ് അതിന്റെ പ്രാപ്തി എന്നാൽ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ അതിനെ വെളിപ്പെടുത്തണം അങ്ങനെ വെളിപ്പെടുത്തുന്നതാണ് അങ്ങനെയാണ് നമ്മൾ സമ്പ്രദായം വിദ്യാ പരമ്പര എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ശൂന്യമായ പദവിയെ പ്രാപിച്ചിട്ട് ഇത് വ്യവഹരിക്കത്തക്കതല്ല അവിടെ ശബ്ദത്തിനോ വാക്കിനോ മനസ്സിനോ ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല അല്ലെങ്കിലും വ്യവഹാര ഗോചരത ആപാദ്യ അതിന് വ്യവഹാര വിഷയമാക്കിയിട്ട് വ്യവഹാരയോഗ്യമല്ലാത്തതിന് ആചാര്യൻ വ്യവഹാര യോഗ്യമാക്കുന്നു ബന്ധവും മോക്ഷവും ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് വീണ്ടും ബന്ധത്തെയും മോക്ഷത്തെയും കണ്ടുകൊണ്ട് അതാണ് അതിനെ വ്യവഹാര ഗോചരമാക്കാവുന്നത് വ്യവഹാരശൂന്യമാകുമ്പോ അവിടെ ബന്ധമോക്ഷങ്ങളില്ല പക്ഷേ ആ വ്യവഹാര ശൂന്യമാണെന്ന് അതിനെ സാക്ഷാത്കരിച്ചിട്ട് വീണ്ടും എന്തു ചെയ്യുന്നു അതിന് ബന്ധമോക്ഷങ്ങൾ ഉള്ളതാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ബന്ധമോക്ഷങ്ങളുള്ളതായി അതിനവതരിപ്പിക്കുന്നു അതിന്റെ മഹത്വത്തെ പ്രശംസിക്കുന്നു വെളിപ്പെടുത്തും ആപാദ്യ അതെല്ലാം പിന്നെ ഉണ്ടാക്കുന്നതാണ് വാചാരിന് ശരിക്കും ബോധ്യമുണ്ട് ബന്ധമോക്ഷരഹിതനാണ് താൻ എന്നാലും പ്രപഞ്ചം ുന്നു പ്രപഞ്ചത്തിൽ ബരെയും മുക്തനെയും കാണുന്നു അപ്പോ ഈ പ്രപഞ്ചത്തിൽ ബദ്ധരായിരിക്കുന്നവരാ സത്യമല്ലെന്നറിഞ്ഞിട്ട് ആ സത്യമല്ലെന്ന് ആ ബന്ധനത്തെ അനുഭവിക്കുന്നവർ ബോധിക്കാത്തോണ്ട് അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അനുഭവിക്കുന്ന ബന്ധനം പരമാർത്ഥമല്ല അവരെ ബോധിപ്പിക്കുന്നതിനു വേണ്ടി അതിന് ഉപദേശിക്കുന്നുണ്ട് ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു അതും എങ്ങനെ യഥാബലം യഥാശക്തി ആർക്കും ഇതിന്റെ അവസാന വാക്ക് പറയാൻ സാധ്യമല്ല എന്നത് കാരണം അവിടെ വാക്കെത്താത്തത് കൊണ്ട് തന്നെ മനസ്സിലെത്തുന്നുണ്ട് മനസ്സിനോ വെളിപ്പെടുത്താൻ വയ്യ ആചാര്യന് സാധ്യത ആചാര്യൻ തത്വനിഷ്ഠനായിരിക്കുമ്പോൾ അവിടെ വ്യവഹാരമില്ല മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി വ്യവഹരിക്കുന്നു വ്യവഹരിക്കുമ്പോൾ ഈ ഉപാധികളെയൊക്കെ സ്വീകരിക്കേണ്ടി വരും ഉപാധികളെ സ്വീകരിക്കുമ്പോൾ അവിടെ അതിന്റേതായ ഉപാധി സ്വീകരണത്തിന്റേതായ അപൂർണത വരുന്നു പോരായ്മ വരും പൂർണ്ണത തത്വത്തിൽ മാത്രമേ ഉപാധികളിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ അത് പൂർണ്ണബലമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയും യഥാബലം പൂർണ്ണശക്തി എന്ന് പറയാൻ യഥാശക്തിന്റെ ശക്തിക്കനുസരിച്ച് ബലത്തിനനുസരിച്ച് ഇതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതാണ് പൂർണ്ണമായി ഇതിനെ ആരും അത് സാധ്യമായി എന്തുകൊണ്ട് വെളിപ്പെടുന്നവൻ നിൽക്കുന്ന അവന്റെ തലത്തിലേക്ക് ഇതിനെ വെളിപ്പെടുത്തണം അവന്റെ തലത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ ഈ മായ ആശ്രയിക്കണം മായയിലൂടെ അല്ലെങ്കിൽ അവിദ്യയിലൂടെ വിദ്യയെ വെളിപ്പെടുത്താൻ പറ്റും അജ്ഞാനത്തിലൂടെ ജ്ഞാനത്ത് പ്രകാശിപ്പിക്കാൻ പറ്റും ഈ അജ്ഞാന കാര്യങ്ങളായിരിക്കുന്ന ഉപാധികളെ ആശ്രയിച്ചത് സാധ്യമാവും അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല എന്താണ് ഞാനെന്റെ പൂർണ്ണ അറിവിനെ എന്റെ പൂർണ്ണ ശക്തിയിൽ പ്രകാശിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അഹംഭാവം അഹന്ത തത്വജ്ഞാനിയിൽ വരത്തില്ല കാരണം എന്താണ് ആ തത്വമെന്നും ആ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നും അറിയാം തത്വജ്ഞൻ അറിയാം അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് കേവലം ഒരു അഭിമാനം അത്ര ഒരു അഭിമാനം തത്വജ്ഞനിൽ വര അത് വരാത്തവർക്ക് ആ തത്വനിഷ്ഠ കൈവരാത്തവർ വേണമെങ്കിൽ ചിലവർക്കറിയാം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്നിങ്ങനെ പറയും അഹംബോധത്വം അതുകൊണ്ട് ഈ ഞാൻ ഒരിക്കലും ഒരു അഹംഭാവമല്ല അത് എന്തെങ്കിലും തന്നിൽ ആരോപിക്കുന്നതല്ല ആരോപിച്ചാലേ അത് അഭിമാനമായി ഒരു സർവ ആരോപണങ്ങളിൽ നിഷേധിക്കുന്ന ഒരിക്കലൊരു അഹന്തയല്ല അതുകൊണ്ട് തന്നെയാണ് ആ തത്വ നിഷ്ഠയിലും വീണ്ടും നമസ്കരിക്കുന്നത് നമസ്കാരം എന്ന് പറയുന്നത് ദൈതീയുടെ ഭാവമാണ് ഇതേ ആചാര്യം തന്നെ നമുക്ക് പറഞ്ഞു എന്താണെന്നൊരു നമസ്കാരം അസ്തുതി നമസ്കാരവും സ്തുതിയും ഇല്ലാത്തതാണ് സ്ഥാനം അതാണ് പരമാർത്ഥം പക്ഷെ എന്നാലും പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ചിട്ടും വീണ്ടും വ്യവഹാരത്തിലൊന്നും ശിഷ്ടാചാരത്തെ പിന്തുടരുന്നു അപ്പോൾ തത്വനിഷ്ഠനും ശിഷ്ടാചാരം ആവശ്യമാണ് അത് കാലദേശ ഉചിതമായ ആചാരം ശിഷ്ടാചാരം അത് ആവശ്യമാണെന്ന് വെളിപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വേറൊന്നും ധാരണ കാരണം ഇവിടെ ഗുരുവും ശിഷ്യനും എന്ന് പറഞ്ഞു നമസ്കരിക്കാൻ ഞാനും നമസ്കരിക്കപ്പെടേണ്ടവനായ ഒരുവനുമില്ല അതുകൊണ്ട് തന്നെ അത്തരം ആചാരങ്ങളുമില്ല സാധനയുടെ ആവശ്യമില്ല എന്നുണ്ട് ഇത് ബോധിപ്പിക്കുന്നത് അങ്ങനെയാണെന്ന് ധരിച്ചു പോകും സർവത്തെയും നിഷേധിക്കുക എനിക്കിനിവൊന്നും ചെയ്യാനില്ല എന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് അതാണ് പറഞ്ഞ് ഇത് വെളിപ്പെടുത്തുന്നു അനായാസമായി ഗ്രഹിക്കേണ്ടവൻ ഗ്രഹിക്കും പക്ഷെ ഇത് ദൊരു ധരസവുമാണ് അതിനുള്ള കാരണമെന്ത് ആ ശ്രോതാവിന് പക്വതയില്ലായിരുന്നു അപ്പോൾ അയാളുടെ പക്വതയ്ക്ക് വേണ്ടി വീണ്ടും പരിശ്രമിക്കേണ്ടി വരും അപ്പോൾ അയാൾ വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ വരേണ്ടി വരും അതുകൊണ്ടിവിടെ ഈ പരവമായ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ അധികാരി ഭേദമനുസരിച്ച് എല്ലാ സാധനങ്ങളെയും അംഗീകരിക്കുന്നുണ്ട് എല്ലാ ശിഷ്ടാചാരത്തെയും അംഗീകരിക്കുന്നുണ്ട് ഒന്നിനെയും നിഷേധിക്കുന്നുണ്ട് അത് നിഷേധിക്കാൻ വേണ്ടിയല്ല ഇതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു തത്വത്തിന്റെ സ്ഥിതി എന്താണ് സ്വരൂപം എന്താണെന്ന് വെളിപ്പെടുത്തുക മാത്രം അത് വെളിപ്പെടാത്തടത്തോളം കാലം മറ്റ് ശിഷ്ടാചാരങ്ങളെല്ലാം അംഗീകരിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു ഇതിനെ കാര്യ വ്യാഖ്യാനിച്ചതിന് ശേഷം ഭാഷ്യകാരൻ ഗുരുവിനെ സ്തുതിക്കുന്നു ഗുരുസ്തുതി എന്ന് പറയുന്ന ഒരു ശിഷ്ടാചാരമാണ് തത്വത്തിൽ ഗുരുവും ശിഷ്യനും ഇല്ല പിന്നെ ഗുരുവിനെ സ്തുതിക്കണമെന്ന് ന്യായമായ ഒരു ചോദ്യം ചോദിക്കും ഈ തത്വം ശ്രവിക്കുന്നവരുടെ മനസ്സിലോ അങ്ങനെ വരും പിന്നെന്താ ഗുരു എന്താ ശിഷ്യൻ ആരാരെ നമസ്കരിക്കുക എന്ന് ചോദിക്കും അങ്ങനെയല്ല വ്യവഹാര ഗോചരത അപാർത്ഥ്യ വാസ്തവത്തിലുള്ള ആ തത്വജ്ഞനായിരിക്കുന്ന ഗുരുവിന് പോലും തൻ്റെ ഗുരുവിനെ നമസ്കരിക്കേണ്ട കാര്യമില്ല അവിടെ ഗുരുശിഷ്യഭേദമില്ല എന്നാലും പറഞ്ഞല്ലോ ആ തത്വത്തെ മഹത്വപ്പെടുത്താൻ മറ്റുള്ളവർ ആ തത്വത്തെ ഗ്രഹിക്കാൻ തനിക്കതുകൊണ്ടൊന്നും നേടാനായിട്ടില്ല മറ്റുള്ളവർ ആ തത്വത്തെ പിന്തിരി പിന്തുടരാൻ ആ സമ്പ്രദായത്തെ വിദ്യാസമ്പ്രദായത്തെ നിലനിർത്താൻ ഗുരു ശിഷ്യ പാരമ്പര്യത്തെ നിലനിർത്താൻ വേണ്ടി വ്യവഹാരമില്ലെങ്കിലും സ്വയം വ്യവഹാരത്തെ സൃഷ്ടിച്ചിട്ട് ആ ശിഷ്ടാചാരത്തെ അനുഷ്ഠിക്കുന്നു അങ്ങനെ ഗുരുവിനെ നമസ്കരിക്കുന്നു ആ തത്വത്തെ നമസ്കരിച്ചുകൊണ്ട് ഗുരുവിനെ നമസ്കരിക്കുന്നു ടുത്തു പറയുന്നു അജമഭിജനിഗം പ്രാപദൈശ്വര്യോ അഗതിജഗതിമത്തേക്കും വിവിധവിഷയധർമ്മ ഗ്രാഹിമുദ്ധേക്ഷ പ്രണതഭയവിഹന്ത് തുടക്കത്തിനും പറഞ്ഞു ബ്രഹ്മയുത്തുന്ന തോസ്മിരിയ അവിടെയും നമസ്കരിച്ചു ഇവിടെ ആ തത്വത്വം നമസ്കരിക്കുന്നു ആ തത്വത്തിനെ തന്നെ അടുത്ത് ഗുരുവിന്റെ രൂപത്തിന് നമസ്കരിക്കുന്നു ഗുരുവും തത്വവും രണ്ടല്ല ഒന്ന് തന്നെ ഒരു സാക്ഷാത് പരമ്പര എന്നാണത് എന്നാലും ആ തത്വം എന്നുള്ള നിലയ്ക്കും ഗുരു എന്നുള്ള നിലയ്ക്കും നമസ്കരിക്കുക പറയുന്നു അജമഭിജനിയോഗം പ്രാപത് വാസ്തവത്തിൽ അതജമാണ് പക്ഷെ ജനിയോഗത്തെ അത് പ്രാപിച്ചു എന്ന് വെച്ചാൽ ജന്മത്തെ പ്രാപിച്ചു വാസ്തവം എന്ന് പറയുന്ന അജം ജന്മത്തെ പ്രാപിച്ചതെന്ന് പറയുന്നത് ഭ്രാന്തി അതുകൊണ്ടാണ് അജമാപി എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത് അങ്ങനെ ജനിയോഗത്തെ പ്രാപിച്ച് എങ്ങനെ ഐശ്വര്യ യോഗ മായാശക്തി കൊണ്ട് മായ ഐശ്വര്യങ്ങളെക്കൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഗുരു ആ ഗുരുത്വത്തെ സാക്ഷാത്കരിച്ചിട്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്തുകൊണ്ട് ഐശ്വര്യ യോഗ ഐശ്വര്യ ബന്ധം കൊണ്ട് ഐശ്വര്യശക്തിയുടെ ബന്ധം കൊണ്ട് ശക്തിയമായ ശക്തിയെ ആശ്രയിച്ചുകൊണ്ടുവന്ന് ഗുരുവിന്റെ നമസ്കാരവും ശിഷ്യന്റെ നമസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഗുരു ഭേദശൂന്യനാണെങ്കിലും തന്റെ ഐശ്വര്യവുമായ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ദൈതത്തെ കൃത്രിവുമായി സൃഷ്ടിച്ചിട്ട് ഗുരുവിനെ ശ്രേഷ്ഠനായി കണ്ടും നമസ്കരിക്കുന്നു അതാ ഐശ്വര്യശക്തിയെ ആശ്രയിച്ചിട്ടാണ് ആ നമസ്കാരം തത്വബോധത്തിൽ നിന്നുകൊണ്ടേ തത്വബോധം നഷ്ടപ്പെടുത്തിയിട്ട് ശിഷ്യൻ അങ്ങനെയല്ല അവനജ്ഞനായി രാഗദ്വേഷങ്ങളെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ചെറുപ്പ സത്യസന്ധമായി ചിലപ്പോൾ കപടമായി പല രീതിയിലും അവൻ നമസ്കരിക്കും അതന്നെ പറയുന്നു എങ്ങനെയാണോ പരവുമായ തത്വം ദിവ്യമായ ഐശ്വര്യത്തെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിവുള്ള അതാണ് അതിന ദിവ്യമെന്ന് പറഞ്ഞു ഈശ്വര്യോ എന്ന് പറഞ്ഞു ഈശ്വരൻ മാത്രം സ്ഥിതി ചെയ്യുന്ന അവനെ സൃഷ്ടിച്ചുകൊണ്ട് ജനിയോഗത്തെ പ്രാപിച്ചു ജീവനായി മാറി അഗതിച്ച ഗതിമത്താം ഗതി ഇല്ലാത്തവനാണ് പക്ഷെ അവൻ ഗതിമത്തായി മോക്ഷം വരികയുള്ള ഗതിയെ പ്രാപിക്കുന്നവനായി മാറി ഗതിഗമനം സഞ്ചാരം മാത്രമല്ല പരലോകഗമനം മാത്രമല്ല പരമഗതിയായ മോക്ഷം അതും ഈ ഐശ്വര്യ യോഗം കൊണ്ട് സംഭവിച്ചതാണ് വാസ്തവത്തിലവിടെ മോക്ഷമൊന്നുമില്ല അസ്വരൂപത്തിൽ നിന്ന് വേറിട്ടങ്ങനെയൊന്നുമില്ല എന്നാലും അത് സംഭവിച്ചു ഐശ്വര്യത്തെ പ്രാപിച്ചു ഐശ്വര്യം കൊണ്ട് അതിനെയും പ്രാപിക്കുന്നു ഏകം ഹ്യനേകം പ്രാപത് ഏകമായിരുന്നിട്ട് അവൻ അനേകനായി തീർന്നു അനേക ജീവന്മാരായി ഗുരു ശിഷ്യ ഭേദം വന്നു ജീവേശ്വര ഭേദം വന്നു അനേകം അനേകമായി തീർന്നു ഇതെല്ലാം ഐശ്വര്യ യോഗം കൊണ്ടാണ് ആ ദൈവിക ശക്തി കൊണ്ടാണ് തത്വത്തിൽ സംഭവിക്കുന്നതാണ് ഈ സംസാരം പ്രപഞ്ചം അനന്ത ജീവന്മാരോ എല്ലാം ഒരു തത്വത്തിൽ സംഭവിക്കുന്നതാണ് ഇങ്ങനെ അനേകമായി തീർന്ന് വിവിധ വിഷയധർമ്മഗ്രാഹി മുഗ്ധേക്ഷനാണ് ഇങ്ങനെ പലതായി തീർന്നപ്പോ ജന്മത്തെ പ്രാപിച്ചു ഗതിയെ പ്രാപിച്ചു അനേകമായി തീർന്നു അങ്ങനെ ആയിത്തീർന്നപ്പോൾ വിവിധ വിഷയധർമ്മഗ്ര വിവിധ വിഷയങ്ങളെ ഗ്രഹിക്കുന്നവരായിത്തീർന്നു മുഗ്ധേക്ഷണാന അവരുടെ ബോധം മോഹിതമായി മോഹിച്ചുപോയി സത്യത്തെ അറിയാൻ കഴിയാതെ തന്നു എന്തുകൊണ്ട് അനേകത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് ക്ഷണന്മാരായി മോഹിതന്മാരായി അങ്ങനെ ആയിത്തീർന്നെങ്കിലും വേഗമായിരിക്കുന്ന ആ തത്വം തന്നെ മോഹിതമായി തീർന്ന അതെങ്ങനെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നുവെങ്കിലും പ്രണതഭയവിഹന്തു കൂട്ടത്തിൽ നിന്നും ആരാണോ ഈ തത്വത്തെ പ്രണമിക്കുന്നത് നമിക്കുന്നത് അവരുടെ ഭയത്തെ ലാഭിക്കുന്നു അവരുടെ സംസാര ഭയത്തെ ദൂരീകരിക്കുന്നു അപ്പോൾ അവിടെ രണ്ടു കാര്യങ്ങളും പറയുകയാണ് അതേ ഒരു തത്വം തന്നെ മോഹിത ഈക്ഷണനായി എന്നാണ് പറഞ്ഞത് ബോധം നഷ്ടപ്പെട്ടവനായി തരുന്നു അങ്ങനെ ബോധം നഷ്ടപ്പെട്ടവനായിട്ടും അവന്റെ ആ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി അവൻ തത്വം അതായിരിക്കെ പരമാർത്ഥത്തിൽ പക്ഷെ അവൻ മോഹിതനായതുകൊണ്ട് അവനെ നമിക്കേണ്ടി വരുന്നു ആ തത്വത്തെ നമിക്കേണ്ടി വരുന്നു അങ്ങനെ നമിക്കുന്നതുകൊണ്ട് എന്നുവെച്ചാൽ തത്വത്തെ പിന്തുടരുന്നതുകൊണ്ട് അവന്റെ ഭയം ഇല്ലാതായിത്തീരുന്നു പ്രണത ഭയവിഹിതത്തിൽ അങ്ങനെയുള്ള ബ്രഹ്മത്വം ഏതൊരു ബ്രഹ്മമാണോ സ്വയം ബന്ധനസ്ഥനായി ഏതൊരു ബ്രഹ്മമാണോ സ്വയം അതിൽ നിന്ന് മോചിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആ ബ്രഹ്മത്തെ എത്തുന്ന തോസ്മി അതിനെ ഞാൻ നമസ്കരിക്കുന്നു ഈ ബന്ധമോക്ഷങ്ങളെയെല്ലാം നിലനിർത്തുകയും ബന്ധമോക്ഷങ്ങളെയെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്ന ആ ബ്രഹ്മ തത്വത്തെ അജ്ഞതയിൽ ഇതെല്ലാം നിലനിൽക്കുന്നു വിജ്ഞതയിൽ സർവകൂടെ നിഷേധിക്കപ്പെടുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തെ നമിക്കുന്നു അതിന് ഞാൻ നമിക്കുന്നു വിശിഷ്ടാചാരമനുസരിച്ച് അതിനെ നമസ്കരിക്കുന്നു അതിനെ നമിച്ചുകൊണ്ട് ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു ശ്രോതാക്കൾക്ക് വേണ്ടി അജമഭിജനിഗം പ്രാപൈശയോ അഗതിജതിമേം വിവിധവിഷയധർമ്മഗ്രാഹ്യമുദ്ദേക്ഷ പ്രണതഭയവിഹന്തൃ്രഹ്ന്നി പ്രണതഭയവിഹന്തൃ്രമയോസ് പ്രജ്ഞാവൈവേധുഭിജലനിധേദാദരസ്ഥ ക്ഷുഭിതജലനിധേർ വേദനസ്ഥൂതലോകരജനഗ്രഹോരേ സമുദ്ര കാരുണ്യദുദ്ധതാര അമൃതമിതമരേർദുർഭം ഭൂതഹേതോ ഇത്ത പൂജ്യപൂജ്യം പരമഗുരുമ പാദപാതൈർന്നോസ് അടുത്ത് പരമഗുരുവിനെ നമസ്കരിക്കുകയാണ് പ്രജ്ഞാവൈശാഖവേദിത ജലനിധി വേദനാമന വേദനാമനഹ വേദം എന്നു പേരുള്ള വേദം എന്നറിയപ്പെടുന്ന അതാണ് വേദനാമനഹ ജലനിധി സമുദ്രം വേദസമുദ്രം എന്നറു ഇവിടെ വേദത്തെ തന്ന ഒരു സമുദ്രമായി രൂപകം ചെയ്യുകയാണ് ആ വേദസമുദ്രത്തിൽ എന്ത് ചെയ്തു പ്രജ്ഞാവൈശാഖവേദക്ഷുഭിതം പ്രജ്ഞാവൈശാഖം പ്രജ്ഞയാകുന്ന കടകോൾ മന്ധനത്തിനുപയോഗിക്കുന്ന കടകോൾ അതെന്താണ് ഇവിടെ പ്രജ്ഞ തന്നെ പ്രജ്ഞ എന്ന് പറയുന്നുകൊണ്ട് ആചാര്യന്റെ ശുദ്ധമായ ഏകാഗ്രമായ സാത്വികമായ പ്രജ്ഞ ആ പ്രജ്ഞയിൽ തന്നെ ആചാര്യൻ ഒരു കടകോലാക്കി എന്നിട്ട് അതുകൊണ്ട് വേദനം ചെയ്തു കടഞ്ഞു അതിനാൽ ക്ഷുഭിതമായ ജലനിധി അതുകൊണ്ട് ആ ജലനിധി അതായത് ആ സമുദ്രം ഇളകി പറഞ്ഞു അങ്ങനെയാണല്ലോ അത് സമുദ്രം മഥനം ചെയ്തു മന്ധിരപർവ്വതത്തെ കടകോലാക്കി സമുദ്രത്തെ മഥനം ചെയ്തു ദേവന്മാരും അസുരന്മാരും അതിൽ നിന്ന് അമൃതം അതിനോട് ഉപമിക്കുകയാണ് ഇവിടെയും സമുദ്രമുണ്ട് പക്ഷെ അത് വേദസമുദ്രമാണ് അതിനെ മഥനം ചെയ്തു മഥനം ചെയ്തപ്പോഴാണ് അതിന്റെ അടിയിലുണ്ടായിരുന്ന ദിവ്യമായ വസ്തുക്കളെല്ലാം പുറത്തു വന്നത് അതുപോലെ അതിനെയും മഥനം ചെയ്തു പക്ഷെ അവിടെ കടകോലായി ഉപയോഗിച്ച് എന്താണ് സ്വന്തം പ്രജ്ഞയെ തന്നെ പരിശുദ്ധമായ പ്രജ്ഞ പ്രതിഭയെ അതുപയോഗിച്ചിട്ടാണവിടെ മന്ധനം ചെയ്തത് എന്നുവെച്ചാൽ അവിടെ സൂചിപ്പിക്കുന്ന എന്താണ് ആ ഗുരുവിന്റെ ശ്രവണ മനനങ്ങളെ സൂചിപ്പിക്കുക ആത്മമനത്തിലൂടെ അതും വേദപ്രമാണത്തെ സ്വീകരിച്ചുകൊണ്ട് വെറുതെ പൂർവാചാര്യന്മാരുടെ അനുഭവ രൂപത്തിലുള്ള ആ വേദപ്രമാണത്തിൽ അതിനെ പിന്തുടർന്ന് മനനം ചെയ്തു എന്തെങ്കിലും മനനം ചെയ്തിട്ട് കാര്യമുണ്ട് ആ വിദ്യാ പാരമ്പര്യത്തെ ഉപേക്ഷിച്ചിട്ട് മനനം ചെയ്തിട്ട് കാര്യമുണ്ട് അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ആ ഗുരുവിനെ നമസ്കരിക്കേണ്ടി വരുന്നത് പ്രജ്ഞാവൈശാഖ വേദക്ഷിത ജനനിതേര് വേദനാമൻ അന്തരസം അതിന്റെ ഉള്ളിലുള്ള അമൃതം അന്തരസമായിരിക്കുന്ന അതിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായ അമൃതം അമൃതമിതം എങ്ങനെയുള്ള അമൃതം അമരേർ ദുർലഭം അവിടെ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയ അമൃതം അത് ദേവന്മാർക്ക് പ്രാപ്യമായി അതുകൊണ്ടാണ് അവരമരന്മാരായത് പക്ഷെ അമരത്വം അപേക്ഷികമായിട്ട് അമരത്വം അവരൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും മനുഷ്യരാകേണ്ടി വരും അതുകൊണ്ട് അവർക്കു കൂടി ദുർലഭമായിരിക്കുന്നിവിടെ ഗുരു കടഞ്ഞെടുത്ത അമൃതം അതാണ് ഇവിടെ വെളിപ്പെടുത്തിയ ആത്മബോധം അതാണ് ഇവിടുത്തെ അമൃതം അത് അമരന്മാർക്ക് കൂടി ദുർലഭമാണ് പാലാഴി കളഞ്ഞിട്ടും അവർക്കത് കിട്ടിയില്ല അവർക്ക് ദീർഘായുസ്സനുള്ള അമൃതത്വേ കിട്ടു സംസാര നിവൃത്തിക്കുള്ള അമൃതം അവർക്ക് ഇവിടെ അങ്ങനെയുള്ള അമരീരവി ദുർലഭം അമൃതം അന്തരസ്ഥം അമൃതം അത് ബുദ്ധാര ആമൃതത്തെ കടഞ്ഞെടുത്തു നിഷ്പന്നമാക്കി പ്രകാശിപ്പിച്ചു എന്നർത്ഥം തത്വബോധം എന്നുള്ള നിലയ്ക്ക് ആചാര്യൻ പ്രകാശിപ്പിച്ചു ആർക്കു പ്രകാശിപ്പിച്ചത് എന്തുകൊണ്ട് പ്രകാശിപ്പിച്ചു കാരുണ്യ കാരുണ്യം കൊണ്ട് അത് മറ്റൊന്നുമില്ല കാരുണ്യം എന്നേ പറയാമുള്ളൂ തത്വം പ്രകാശിപ്പിച്ചത് ഇവിടെ ഇപ്പോ നമ്മളെ മുമ്പിൽ ഗ്രന്ഥ രൂപത്തിൽ ആ പരമഗുരുവിന്റെ കാരുണ്യമാണ് നേരത്തെ പറഞ്ഞല്ലോ നമസ്കരിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമസ്കരിക്കുന്നു ആ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി തനിക്ക് കാരുണ്യം കാണിക്കാനായി അന്യനായി ആരുമില്ല ആ ഒരു തത്വത്തെയാണ് ഗ്രഹിച്ചിരിക്കുന്നത് ആരോട് കരുണ്യം കാണിക്കാനാണോ ഏകനായിരിക്കുന്ന അദ്വൈനായിരിക്കുന്ന ഗുരുവിന് കരുണ്യം കാണിക്കാൻ ഇവിടെ രണ്ടാമതൊരാളുണ്ടോ ഇല്ലെങ്കിലും ഇല്ലാത്ത നമസ്കാരത്തെ സൃഷ്ടിച്ചതുപോലെ അത്തര ഒരു കാരണ്യത്തെ ഐശ്വര്യോഗരത്തെ പറഞ്ഞല്ലോ ഐശ്വര്യ യോഗം കൊണ്ട് അങ്ങനെ ഒരു കാര്ണ്യത്തെ സൃഷ്ടിച്ചത് ആ കാരണ്യം കൊണ്ട് എന്ത് ചെയ്തു ഭൂതാന് ജനനഗ്രഹോരേ സമുദ്രേ മഗ്നാനി ഭൂതാനി ആലോക്യ ഭൂതഹേതു ആ ഭൂതങ്ങൾക്ക് വേണ്ടി ജീവന്മാർക്ക് വേണ്ടി ഭൂതങ്ങൾ എന്ന് പറഞ്ഞ ജീവന്മാര് എങ്ങനെയുള്ള ജീവന്മാര് അവിരത ജനന ഗ്രാഹഘോര സമുദ്രേ അവിരത ജനനമായിരിക്കുന്ന നിരന്തര ജനനമായിരിക്കുന്ന ഗ്രാഹം അതാണ് ഇതിലെ മുതലകൾ സമുദ്രത്തെ തരണം ചെയ്യുന്നവനെ ഭക്ഷിക്കുന്ന മുതലകൾ എന്ന് പറയുന്ന ഇവിടെ ഏതാണ് ജനനന്തൻ ഈ ശരീരങ്ങൾ സ്വീകരിക്കുന്നത് തന്നെ ഇവിടുത്തെ മുതല ആ മുതലകളെ കൊണ്ട് ഘോരമായിരിക്കുന്ന ഈ സമുദ്രം സംസാര ആ മുതലകളെ കൊണ്ട് ഇതെങ്ങനെ ഘോരമാകുന്നു കാരണം ഈ ശരീരം സ്വീകരിക്കുന്നു ജനനത്തോടു കൂടിയാണ് പിന്നെ സർവവും എല്ലാ ദും സുഖദുഃഖങ്ങളും ബന്ധവും എല്ലാം അനുഭവിക്കുന്നത് ഈ ജനനത്തോടുകൂടിയാണ് അതുകൊണ്ട് ആ ജനനത്തെ തന്നെ പറയുന്നു ഈ ജന്മ സ്വീകരണത്തെ തന്നെ പറയുന്നു ഇതൊരു ഗ്രാഹമാണ് ഇതൊരു മുതലപിടുത്തമാണ് അതുകൊണ്ട് തന്നെ ഇത് ഘോരമായിരിക്കുന്നു ഈ ജനനത്തിൽ നിന്നും മോചിക്കാൻ കഴിയുന്നു മുത്തലേ ഒഴിവാക്കിയിട്ട് സമുദ്രത്തെ തരണം ചെയ്യാൻ പറ്റുന്നില്ല മറിച്ച് അതിന്റെ വായിലകപ്പെടുന്നു അതുപോലെപോലെ ഘോരമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തിൽ മഗ്നാനി മുഴുകിയവർ എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടും കയറാൻ കഴിയാത്തവർ പല ഉപായങ്ങളിലൂടെ ഇതിനെ തരണം ചെയ്യാൻ ശ്രമിച്ചിട്ടും ഇതിൽ തന്നെ പെടുന്നവർ ജനന മരണരൂപത്തിലുള്ള ഈ ഗ്രാഹത്തിന്റെ വായിപ്പെടുന്നവരായ ഭൂതാനി ജീവന്മാരെ ആലോക്യ കണ്ടിട്ട് താൻ ഈ തത്വത്തെ സാക്ഷാത്കരിച്ച് തത്വനിഷ്ഠനായി നിത്യനിർവൂർതനായി കൃതകൃത്യനായി സ്ഥിതി ചെയ്യണവിടെ അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോഴും എങ്ങനെയാണോ താൻ തത്വസ്ഥിതനായിരുന്നിട്ട് വീണ്ടും ആ തത്വത്തെ നമസ്കരിക്കുന്നത് ആ തത്വസ്ഥിതനായിരുന്നു കൊണ്ട് തന്നെ എങ്ങനെയാണോ ആ തത്വത്തെ വെളിപ്പെടുത്തുന്നത് അതുപോലെ ഇവിടെ ഇങ്ങനെ സംസാര മഗ്നരായിരിക്കുന്ന ജീവന്മാരെയും കാണുന്നുണ്ട് പ്രകാശത്തിൽ നിന്നുകൊണ്ട് ഇരുട്ടിനെ കാണുന്നത് പോലെ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് സംഭവിക്കുന്നു ഗുരുവിന് സംസാരത്തിൽ പെട്ടിരിക്കുന്നവരെ കാണാൻ കഴിയും അമ്മായിയുടെ ശക്തിയെ കാണാൻ കഴിയും ബന്ധിപ്പിക്കുന്ന അവിദ്യാശക്തിയെയും ബന്ധിപ്പിക്കുന്ന അവിദ്യാശക്തിയെയും മോചിപ്പിക്കുന്ന വിദ്യാശക്തി രണ്ടിനെയും തിരിച്ചറിയാൻ കഴിയും അതാണ് വിവേകം അപ്പൊ ആ ബന്ധനശക്തിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ജീവന്മാരെ കാണും അത് കാണാൻ കഴിയും സ്വന്തം അജ്ഞാനം നഷ്ടപ്പെട്ടെങ്കിലും അന്യന്റെ അജ്ഞാനം നിലനിൽക്കുന്നതായി കാണും അത് കാണും അങ്ങനെ ഭൂധാന്യ ആലോചിക്കുക ഭേദത്തിന് കാരണമായിരിക്കുന്ന ആ മായാശക്തി തന്നിൽ അടങ്ങിയെങ്കിലും അന്യനിൽ അത് വീണ്ടും പ്രവർത്തിക്കുന്നതായി കാണുന്നു താനെന്നും അന്യനെന്നുമുള്ള വാസ്തവ ഭേദം നഷ്ടപ്പെട്ടെങ്കിലും വ്യാവഹാരികമായ ഭേദത്തെ കാണും കാൽപ്പനികമായ ഭേദത്തെ കാണും അതാണ് എന്തിന് വീണ്ടും ഗുരു ഉപദേശിക്കുന്നു തനിക്ക് ഭേദമില്ല തനിക്ക് ഭ്രമമില്ല എല്ലാത്തിനൊന്നും മുക്തനായി താൻ ഈശ്വരൻ എന്നുള്ള ഭേദമില്ലാത്തപ്പോ താൻ ജീവൻ എന്നുള്ള ഭേദവും ഇല്ലാതിരുന്നിട്ടും വീണ്ടും ആരെ കണ്ടുകൊണ്ടാണ് ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് പരമാർത്ഥത്തിൽ അതില്ല എന്നറിയുന്നു പക്ഷേ കാൽപ്പനികമായി ഭ്രമാത്മകമായി ഇവിടെ ജീവനും ബന്ധനവും വീണ്ടും തുടരുന്നതായി അറിയും അവിടെ അതുകൂടി ശരിയാകും അതുകൊണ്ട് ആ ഭൂതങ്ങളെ ജീവന്മാരെ കണ്ടിട്ട് ഈ ഘോര സമുദ്രത്തിനും കുഴികിടക്കുന്ന ജീവന്മാരെ കണ്ടിട്ട് ഈ അമരന്മാർക്ക് കൂടി ദുർലഭമായിരിക്കുന്ന ഈ അമൃതത്തെ ഉദ്ധധാര ഇതിനെ വെളിപ്പെടുത്തി കടഞ്ഞെടുത്തു ഭൂതഹേതു അത് ഹേതുവായിട്ട് തന്നിലിതിനുള്ള നിമിത്തങ്ങളൊന്നുമില്ല തന്നിൽ സംസാരവും പക്ഷെ ഇതിനെല്ലാം ആ ഭൂതങ്ങൾ ഹേതുക്കളായിരിക്കുന്നു മറ്റ് ജീവന്മാരതിന് ഹേതുക്കളായിരിക്കുന്നു എന്നാണ് പരമാർത്ഥത്തിലല്ല പരമാർത്ഥത്തിൽ മറ്റ് ഭൂതങ്ങളുടെ ഭേദമില്ല പക്ഷെ ആ തത്വജ്ഞനും വീണ്ടും വ്യവഹാരം അവശേഷിക്കുന്നു ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അത് ശേഷിക്കുക അപ്പോൾ ആ ശരീരത്തെ ആശ്രയിച്ച് അവിടെ വ്യാവഹാരികമായ ഭേദം നിലനിൽക്കുന്നു ആ ഭേദത്തിലൂടെ ബന്ധനസ്വനായിരിക്കുന്ന അന്യജീവന്മാരെ കാണും അവർക്ക് വേണ്ടി ഇതിനെ വെളിപ്പെടുത്തുന്നു അങ്ങനെ വെളിപ്പെടുത്തിയ യഹ ഏതൊരുവനാണോ തം പൂജ്യ അഭിപൂജ്യം പൂജ്യനെന്ന് പറഞ്ഞാൽ പോരാ പൂജ്യന്മാരിലെല്ലാം പൂജ്യനായിരിക്കുന്നു സർവരും പൂജ്യരാണ് സർവ്വരും ആത്മസ്വരൂപികളാണ് അതുകൊണ്ട് സർവരും പൂജ്യരാണ് പക്ഷേ ഗുരു അങ്ങനെയല്ല അഭിപൂജ്യനാണ് അതിൽപരി പൂജ്യനാണ് എന്തുകൊണ്ട് സർവരും ആത്മസ്വരൂപ ആണെങ്കിലും അവരതറിയുന്നില്ല അവർക്കത് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല അവർക്ക് മറ്റൊരുവിനെ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നില്ല ഗുരു അങ്ങനെയല്ല അതിനെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് പൂജ്യനായി തന്നെ ഇരിക്കുന്നു അപ്പോ ഇവിടെ മനസ്സിലാക്കിത്തരുന്ന കാര്യം അതാണ് ഇവിടെ ബന്ധവും മോക്ഷവും ഇല്ല ഗുരു ശിഷ്യനുമില്ല എങ്കിലും ഗുരു പൂജ്യനായി തന്നെ ഇരിക്കുന്നു പരമാർത്ഥത്തിൽ അതില്ലെങ്കിലും വ്യവഹാരത്തിൽ അതുണ്ട് വ്യവഹാരത്തിൽ അതിനെ ആശ്രയിച്ചേ മതിയാവും അപ്പൊ ഗുരു പൂജ്യനായി തന്നെ തീരുന്നു അതുകൊണ്ട് വേദാന്തം പഠിക്കുന്നതുകൊണ്ടോ അദ്വൈതം മനസ്സിലാക്കുന്നുണ്ടോ ആര് ഗുരുത്വത്തെ നിഷേധിക്കുന്നില്ല ആരും നിഷേധികളായി മാറുന്നില്ല അങ്ങനെ ആരെങ്കിലും മാറുമെന്ന് പറഞ്ഞ് വേദാന്തത്തെ നിങ്ങളുടെ അദ്വൈതത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ആരും മാറ്റുന്ന അങ്ങനെ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതത് ശരിയായി മനസ്സിലാക്കുന്നുണ്ടോ അപ്പോൾ അജ്ഞനെ സംബന്ധിച്ച് ഈ ഭേദങ്ങളെല്ലാം നിലനിൽക്കുന്നു ബന്ധം മോക്ഷം ഗുരുശേഷ്യ ഇത് തത്വത്തെ ഗ്രഹിച്ചവനും അത് അംഗീകരിക്കുന്നു അജ്ഞനെ സംബന്ധിച്ച് അത് നിലനിൽക്കുന്നു പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് എന്താണോ എല്ലാ ശിഷ്ടാചാരങ്ങളും അത് നിലനിൽക്കണം ആ ശിഷ്ടാചാരത്തെ നിഷേധിക്കാൻ വേണ്ടി ഒരു അദ്വീതവും പറയുന്നില്ല ആ ശിഷ്ടാചാരത്തിന്റെ അങ്ങനെ അത് നിലനിൽക്കണം വന്നതുകൊണ്ടാണ് പണ്ട് ആ ശിഷ്ടാചാരത്തിന്റെ ഭാഗമായി ജാതിയും കർണുമൊക്കെ പണ്ട് ആചാര്യന്മാരെ നിലനിർത്താൻ ശ്രമിച്ചത് ഞാൻ അതിലേക്ക് കിടക്കുകയില്ല ഇവിടെ പറയുന്നത് ശിഷ്ടാചാരം എന്ന് പറയുമ്പോൾ ദേശകാലോചിതമായ ശിഷ്ടാചാരം ആ ശിഷ്ടാചാരങ്ങൾ സാധകന്മാര് ജിജ്ഞാസുക്കൾ ഒരേത് തത്വം മനസ്സിലാക്കിയെന്ന് ആ ശിഷ്ടാചാരങ്ങളെ പിടിയാൻ പാടില്ല അത് പാലിക്കണം അദ്വൈതം ഗുരു സന്നിധ്യം ഗുരുവിന്റെ സന്നിധിയിൽ അദ്വൈതം പാടില്ല എന്നുവെച്ചാൽ അദ്വൈത തത്വത്തെ കേട്ടിട്ട് ഗുരുവിന്റെ സന്നിധിയിൽ ഞാനും ഗുരുവും തമ്മിൽ വ്യത്യാസവും നമ്മൾ ഒന്നാണ് എന്ന് ഭാവിച്ചുകൊണ്ട് വ്യവഹാരങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ചെറു ചോദിക്കും അങ്ങനെയാണെങ്കിൽ ജ്ഞാനം നേടിയിട്ട് ചെയ്താലെന്താ അങ്ങനെ കടന്ന് നീന്തിക്കുന്നവരാണ് ഞാനും നേടുന്നതുവരെ ഒന്നും വേണ്ട ഞാനും നേടിയാലോ ഞാനും നേടിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെ നമസ്കരിച്ചാ മതിയല്ലോ ഒരു ഡേറ്റ് വയ്ക്കുക രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏതെങ്കിലും ഒരു മാസം എന്നിട്ട് ഞാനും നേടുന്ന ദിവസം ഈ പറയുന്നൊക്കെ അതുവരെ മതിയല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുവും ഞാനൊന്നും വേണ്ട ഒരു ഞാനും തിരിയസ്ഥിതൻ ഗുരുവും തിരിയസ്ഥിതൻ പിന്നെ ആരാരെ നമസ്കരിക്കുക അങ്ങനെ ഈ സംശയം വരാം അതുവരെ മതിയല്ലോ ഇതൊക്കെയാണ് അതുവരെയുള്ള സംശയങ്ങളെല്ലാം അതോടുകൂടി പരിഹരിക്കും ഇപ്പോഴേ പരിഹരിക്കേണ്ട കാര്യമില്ല അവിടെ എത്തട്ടെ ആ സംശയങ്ങൾക്കെല്ലാം അവിടെ സമാധാനം വരും ഇവിടെ അതെന്ന പറയുന്നത് ഒരിക്കലും അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണ്ടത് സാധനകൾ ഒന്നിനെയും നിഷേധിക്കുന്നു ജപത്തേയോ ധ്യാനത്തെയോ കർമ്മയോഗത്തെ നിഷേധിക്കുന്നുണ്ട് ഗുരുവിനെയും ശിഷ്യനെയും നിഷേധിക്കുന്നു ബന്ധത്തെയും മോക്ഷത്തി ഒന്നും നിഷേധിക്കുന്നു പരമാർത്ഥത്തിൽ ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണ് തത്വമെങ്കിലും അഭിനയനെ നിഷേധിക്കുന്നുണ്ടെന്ന് പറയുന്നത് എവിടെ ഒരു ശിഷ്യന് ഒരു സാധകന് ഇതിനെയൊന്നും നിഷേധിക്കുന്നു തത്വം ഇതിനൊക്കെ ഉപരിയാണെന്ന് വെളിപ്പെടുത്തുന്നയോത് തത്വത്തെ ശ്രവിച്ചാലും ശരി അവനവിന് ബോധ്യപ്പെടും താൻ ഇവിടെയാ നിൽക്കുന്നത് തന്റെ നില എന്താണ് തന്റെ നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് പറ്റിയ സാധനങ്ങൾ അത് തുടരുക തന്നെ വേണ്ടിവരും അതിൽ ഒരിടത്തും തന്നെ ഏത് പരവുമായ നിലയിലെത്തിയാനും ഇവിടെ പേരിൽ ഗുരുവിനെ നിഷേധിക്കുന്നില്ല ഒരിടത്തും ഗുരുശേഷി ബന്ധത്തെയും നിഷേധിക്കുന്നു ഒരു കാര്യം അദ്വൈതത്തിൽ പഠിപ്പിക്കുന്നേ അതിന് തെളിവാണ് എന്താണ് നമസ്കാരവും ഇല്ല അതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞ അതേ ആചാര്യം തന്നെ ഇവിടെ പറയുന്നു പരമഗുരു അമും ആ പരമഗുരുവിനെ പൂജ്യ അഭിപൂജ്യം പൂജ്യന്മാരിൽ വെച്ചെല്ലാം പൂജ്യനായിരിക്കുന്നു ആ പരമഗുരുവിനെ പാദപാതൈഹി പാദങ്ങളിൽ പതിച്ചുകൊണ്ട് എന്നാ ആ ഗുരുവിന്റെ പാദങ്ങളിൽ പതിച്ചുകൊണ്ട് അതൊന്നു രണ്ട് പാദച്ചു ആ പാദങ്ങളിൽ എന്നാദ്യം പാത പതിച്ചുകൊണ്ട് നതോസ്മി ഞാൻ നമസ്കരിക്കുന്നു ആചാര്യനെ സംബന്ധിച്ച് അഹംഭാവം ഇല്ല നമസ്കരിക്കാനായിട്ട് ഭേദമേയില്ല എങ്ങനും പറയുന്നു അസ്മി ഞാനത് ചെയ്യുന്നു എന്നാണ് ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ആചാര്യന് അഹന്ത വന്നു അഹന്തയില്ലാതെങ്ങനെ ഞാനെന്ന് പറയാൻ കഴിയും അഹന്തയുള്ളവനല്ലേ അത് പറയുന്നത് അതിനൊക്കെ സമാധാനമാണ് നേരത്തെ പറഞ്ഞെന്താണ് സാർ ഐശ്വര്യ യോഗ അപ്പൊ ആ സാത്വികമായ മായാശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ആചാര്യനും ശിഷ്ടാചാര്യത്തെ പരിരക്ഷിച്ചുകൊണ്ട് വ്യവഹരിക്കുന്നു അതാണ് അതിന്റെ താല്പര്യം അതുകൊണ്ടിത് ഗുരുവിനെ നിഷേധിക്കുന്നതല്ല അദ്വൈതം അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രത്തെ നിഷേധിക്കുന്നു ദൃഢങ്ങനെ ഉണ്ട് ആധ്യാത്മികതയിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നു നിഷേധിക്കുന്നില്ല അതെങ്ങനെയാണോ ഗുരുവും ശിഷ്യനും ഇല്ല എന്ന് പറഞ്ഞത് അതേ അർത്ഥത്തിലാണ് പറഞ്ഞത് ശാസ്ത്രമില്ലെന്ന് പറഞ്ഞു ശാസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഗുരുവിനും ശിഷ്യനുമൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എപ്പോഴെങ്കിലും സാധനകൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ശാസ്ത്രമുണ്ട് അതും മുഖ്യമാണ് ഗുരുവിനുള്ളതുപോലെയുള്ള പ്രാധാന്യം ശാസ്ത്രത്തിനുണ്ട് എന്താണ് അത് ഗുരുവിന്റെ വാക്കാണ് ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരിടത്തും നിഷേധിക്കുന്നില്ല തത്വത്തിൽ സർവത്തെയും നിഷേധിക്കുന്നു അപ്പൊ പിന്നെ രണ്ടിനെയും രണ്ടായി കണ്ടു മനസ്സിലാക്കിയില്ലെങ്കിൽ അദ്വൈതം ഒരു തലതിരിഞ്ഞ പഠനമാവും അദ്വൈതം പഠിക്കുന്നവൻ അഹങ്കാരിയായും നിഷേധിയായും അങ്ങനെ ഉള്ള അറിവുള്ളവനായും ലോകത്ത് പ്രത്യക്ഷപ്പെടും അങ്ങനെയൊന്നും അദ്വൈതത്തിലില്ല അദ്വൈതം ഒരിക്കലും ആരെയും അഹങ്കാരിയാക്കുന്നില്ല ും തലതിരിക്കുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ആ തലതിരിഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം സംഭവിക്കും അങ്ങനെ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരും വാസ്തവത്തിൽ അവർ പാമരന്മാരെ തന്നെയാണ് എല്ലാത്തിനെയും നിഷേധിക്കാൻ വേണ്ടിയാണിത് എന്ന് കരുതുന്നത് അത് ശരിയല്ലേദക്ഷുഭിത വേദനം തരസ്ഥുതലോക്യമിരജനനഗ്രഹഘോരേ സമുദ്രേ കാരുണ്യുദ്ധാരാമൃതമരൈർദുർഭം ഭൂതഹേദോർ ൂജ്യം പരമഗുരുമം പാദപാതേരുന്നതോസ്മി ഇവിടെ പരമഗുരു എന്ന് പറഞ്ഞത് അടുത്ത് മീ ഗുരു എന്റെ ഗുരു എന്ന് പറയുന്നു ഗുരു ഒരു തത്വം എന്നുള്ള നിലയിൽ പരമഗുരു എന്ന് പറയുമ്പോ എല്ലാ ഗുരുക്കന്മാരും ഉൾപ്പെടും എല്ലാ ഗുരുക്കന്മാരും ഒന്നും ഇല്ല ആത്മാവേഗമായിരിക്കുന്ന പോലെ ഗുരുവേകമാണ് അതറിയാൻ വയ്യാത്തവരാണ് തന്റെ ഗുരുവിനെ പുകഴ്ത്തുകയും മറ്റുള്ളവരുടെ ഗുരുവെന്ന് കരുതുന്നവനെ ഇകഴുത്തുകയും ചെയ്യുന്നു എന്റെ ഗുരു ശ്രേഷ്ഠനാണ് മറ്റവന്റെ ഗുരു മോശക്കാരനാണെന്ന് പറയുന്നത് അറിയാൻ വയ്യാത്തവരാണ് ഗുരുതത്വമൊന്നേയുള്ളൂ ഒരാൾക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ശ്രദ്ധ ഗുരുത്വത്തിന്റെ പേരിലൊരു ശ്രദ്ധയുണ്ടായ ആ ശ്രദ്ധയ്ക്ക് ഒരിക്കലും ഒരു ചലനം മറ്റുള്ളവരുണ്ടാക്കാൻ പാടില്ല അത് തെറ്റാണ് ആർക്കെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധയല്ല ഗുരു എന്നുള്ള സങ്കല്പം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞു ആ വ്യക്തിയെ ഇനി വേറൊരാൾ അയാള് അയാൾ പോരാ മോശമാണ് അയാൾ ശരിയായ ഗുരുവല്ല അങ്ങനെ ഇനി മറ്റേ ആർക്കെങ്കിലും തോന്നിയാലും ശരി ഒരിക്കലും ഗുരുവിന്റെ ശ്രദ്ധയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ പാടില്ല ഒരു വ്യതിചലനം അതിൽ സംഭവിപ്പിക്കാൻ പാടില്ല എന്തുകൊണ്ട് ഗുരു എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ ഒരുവനെ ആശ്രയിക്കുന്നത് ആ ഗുരുവെന്ന് പറയുന്ന തത്വത്തെയാണ് വ്യക്തിയെ ആ തത്വം ഉള്ളൂ എല്ലാവരും ആ തത്വത്തെ തന്നെയാണ് ആരാധിക്കുന്നത് എല്ലാവരും ആ ഒരു തത്വത്തെ തന്നെയാണ് പിന്തുടരുന്നത് ഒരു തത്വത്തിന് പല പേര് വരുന്നത് ഒരു തത്വം തന്നെ പല ഗുരുക്കന്മാരായി പല വിദ്യാസമ്പ്രദായങ്ങളായി അദ്വൈതമെന്ന് പറയുന്ന ഒരു വിദ്യാസമ്പ്രദായമല്ല എത്രയോ വിദ്യാസമ്പ്രദായങ്ങളുണ്ട് എത്രയോ തന്ത്രമന്ത്ര യന്ത്രങ്ങൾ നിലനിൽക്കും എല്ലാത്തിനും ഗുരുക്കന്മാരുണ്ട് എല്ലാ ആ ഗുരുത്വം ശിഷ്യന്മാരുടെ അധികാര ഭേദമനുസരിച്ച് യോഗ്യതാ ഭേദമനുസരിച്ച് പല വിദ്യാസമ്പ്രദായങ്ങളിലൂടെ വെളിപ്പെടുകയാണ് അതുകൊണ്ട് ഒരു വിദ്യാസമ്പ്രദായം മറ്റൊന്നിനെ പഴിക്കുന്നതും ശരിയല്ല അദ്വൈതം കേവമാണ് അദ്വൈതം മോശമാണ് അതിലും മോശമാണ് വിശിഷ്ടാദ്വൈതം അതിലും മോശമാണ് മറ്റൊന്ന് അങ്ങനെ കരുതുന്നതും അബദ്ധമാണ് ഒരേ ഒരു പരമാത്മതത്വം പല ഗുരു രൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പല സമ്പ്രദായങ്ങളിലൂടെ പല വിദ്യകളെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആ പരമഗുരു എന്ന് പറയുന്നത് ആ പരമാത്മതെ ഗുരുവിന്റെ ഗുരുവിനെയും പറയും പരമഗുരു എന്ന് പറയും ആ രീതിയിലും ആകാം അല്ലെങ്കിൽ ഏക തത്വത്തെ ആകാം അത് കഴിഞ്ഞടുത്ത് വ്യക്തിപരമായി പറയുന്നു എന്റെ അജ്ഞാനത്തെ നശിപ്പിച്ച ഗുരു എന്നാണ് അടുത്ത കാര്യങ്ങൾ പറയുന്നത് സ്വാന്ദമോഹന്ധകാരു മജ്ജോന്മജ്ജൂരേ ഹ്യസൃദ്ദന്വദിമേ ഹ്യസനോദന്വദിത്രാസനേ മേ യത്പശ്രിത ശ്രുതിശമവിനയഗ്രമോ തൽദോ പയവിനിതോ സർവഭൈർമസ ഈ ശ്ലോകങ്ങളെല്ലാം വളരെ കാവ്യഭംഗിയുള്ളതുമാണ് വളരെ തത്വഗർഭവുമാണ് വളരെ അന്തസാരമുള്ള ശ്ലോകങ്ങളാണ് ഭാഷ അതുപോലെയാണ് പറയുന്നു എന്താണ് മേ എന്റെ മോഹാന്ധകാരം എന്റെ മോഹാന്തകാരത്തെ നശിപ്പിച്ച് എന്റെ മോഹത്തിനെല്ലാം കാരണമായിരിക്കുന്ന അന്ധകാരത്തെ അജ്ഞാൻ അന്ധകാരത്തെ നശിപ്പിച്ചവൻ അങ്ങനെ എന്റെ മോഹം തന്നെയാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ചവൻ അത് തന്നെ ഒരു അന്ധതയാണ് അതങ്ങനെ യത് പ്രജ്ഞാലോകഭാഷ ഏതൊരുവന്റെ പ്രജ്ഞയാകുന്ന ആലോകം പ്രജ്ഞയാകുന്ന വെളിച്ചം അതിൻ്റെ ഭാഷ അതിൻ്റെ പ്രഭവമുണ്ട് എന്നർത്ഥം സൂര്യൻ ആലോകമായിരിക്കുന്നു അതിന്റെ പ്രഭയാണ് നമ്മുടെ ശരീരത്ത് പതിച്ചിരിക്കുന്നത് അതുപോലെ ഗുരുവിന്റെ പ്രജ്ഞയാകുന്ന വെളിച്ചം ആ വെളിച്ചത്തിന്റെ ചെറിയ പ്രഭ കൊണ്ട് തന്നെ അതിന്റെ സാമീപ്യം കൊണ്ട് തന്നെ എന്താണ് എന്റെ മോഹാന്ധകാരം നശിച്ചു എന്നാണ് ഗുരുവിന്റെ അതിന്റെ പൂർണ്ണതയിൽ വേണ്ടി വന്നില്ല ആ പ്രജ്ഞ മഹത്വമാണ് എന്റെ ഈ മോഹാന്ധകാരത്തെ ഞാൻ സ്വയം കഠിനമെന്ന് കരുതിയിരുന്ന ദൃഢമെന്ന് കരുതിയിരുന്ന ഈ മോഹാന്ധകാരത്തെ അത് അതിന്റെ കേവലമായ പ്രഭവം ഉണ്ടില്ലാതെ ഈ ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി സൂര്യന് ഭൂമിയിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല സൂര്യൻ അതിന്റെ സ്ഥാനത്ത് എത്രയോ കോടാനോ കൂടി മൈലകല് അത് ആ സൂര്യന്റെ ആലോകത്തിന്റെ നിസ്സാരമായ പ്രഭ അതിന്റെ ഒരു ചെറിയ അംശം കൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്ന ഈ മോഹാന്തകാരം ഈ കൂരരൽ അത് ഒഴിഞ്ഞു പോകുന്നു പൂർണമായും എന്നെങ്കുമായി അത് അതാണ് എന്നിന് സംഭവിച്ചത് എന്നിവിടെ പറയുകയാണ് യത് പ്രജ്ഞാലോക പ്രതിഹതി അഗമത് പ്രതിഹത്തി പൂർണമായ നാശം എനിക്ക് ഒരിക്കലും തിരിച്ചു വരാത്തതായ നാശം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അറിവുണ്ടാകുന്നു നശിക്കുന്നു ഉണ്ടാകുന്നു നശിക്കുന്നു ഇതിങ്ങനെ ഇറങ്ങുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ മോഹ അന്ധകാരം അത് ഏകമാണ് ഒന്നേ അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നീടവിടെ കാശിക്കുന്നില്ല ഇവിടെ അങ്ങനെയല്ല ഈ ഭൂമിയിൽ പല ഇരളുണ്ട് പല വെളിച്ചം മെഴുനീര് വെളിച്ചമുണ്ട് ബൾബിന്റെ വെളിച്ചമുണ്ട് സൂര്യന്റെ വെളിച്ചമുണ്ട് ഇവിടെ പല ഇരുളുണ്ട് പല വെളിച്ചമുണ്ട് അതുകൊണ്ട് ഒരു വെളിച്ചം പോയാൽ മറ്റൊരു ഇരുൾ വരും അത് പോകുമ്പോൾ വേറൊരു വെളിച്ചം വരും സൂര്യനിലങ്ങനെയല്ലല്ലോ അവിടെ ഒരു വെളിച്ചമേ ഉണ്ട് ആ ഒരു വെളിച്ചത്തിലവിടെ ഇരുളില്ല അതുപോലെ എന്താണ് ഈ അന്ധകാരം മോഹാന്ധകാരം അതില്ലാതാകും പൂർണമായും ഇല്ലാതാകുന്നു ഈ വെളിച്ചത്തിൽ പ്രതിഹതിയും അതമത് സ്വന്ത മോഹാന്ധകാരം എന്റെ ഉള്ളിലെ സ്വന്തം എന്റെ മനസ്സിന്റെ അന്ധകാരം ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത് നിർഗുണവും നിരാകാരവും ആയിരിക്കുന്ന ആത്മതത്വത്തിലൊന്നും സംഭവിക്കാനിട്ടില്ല അവിടെ അജ്ഞാനവും ഇല്ല വിജ്ഞാനവും ഇല്ല പിന്നെ ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത് മനസ്സ് അതുകൊണ്ട് പറയുന്നത് എന്താണ് മനസ്സിനാണ് ബന്ധുവും മനസ്സിനാണ് മോക്ഷവും ആത്മാവിനെ മോചിപ്പിക്കേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച് അതെല്ലാം നിത്യമുക്തവും പറയും അപ്പൊ മോഹാന്തകാരം സ്വന്തത്തില മനസ്സിലായ മോഹാന്തകാരം അത് നശിച്ചു എങ്ങനെയുള്ള മജ്ജോന്മജ്ജോരേഷ്യസഹൃത് ഉപജന ഉദന്നാസനെ മോഹാന്തക ഉള്ള ഈ സമുദ്രത്തിൽ അസഹൃത് ഉപജനം ആവർത്തിച്ചാർത്തിച്ച് വീണ്ടും വീണ്ടും ജനിക്കുക വീണ്ടും വീണ്ടും ശരീരത്തെ സ്വീകരിക്കുക അങ്ങനെയുള്ള ഉദന്വതി ഉദന്വാനം എന്ന് വെച്ച സമുദ്രം എങ്ങനെയുള്ള ത്രാസിനെ ഭയത്തെ ഉളവാക്കുന്ന സമുദ്രം നേരത്തെ പറഞ്ഞ സംസാര സമുദ്രം വിവേകിക്ക് ഭയത്തെ ഉളവാക്കുന്നതാണ് അവികിക്കുന്നത് മൂഢസസുഖത്തെ നൽകുന്നതാണ് ഇവിടെ വിവേകിയെ കുറിച്ച് പറയുക ഇതാണ് മജ്ജൻ ഉന്മജ്ജൻസ്റ്റാണ് വിവേകിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് മുഴുകിപ്പോവും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും ടയ്ക്ക് ഈ ജീവൻ അന്ധകാരത്തിൽ മുഴുകുന്നു സുഷത്തിയിലേക്ക് വീണ്ടും ജാഗ്രത സ്വപ്നത്തിലേക്ക് ഉന്മജ്ജൻ വരുന്നു പ്രകാശിക്കുന്നു ഒരേ തുരിയൻ തന്നെ ആ തുര്യൻ തന്നെയാണ് സുഷുതിയിൽ മുഴുകിയിരിക്കുന്നു മജ്ജൻ മുഴുകിയിരിക്കുന്നു ഉന്മജ്ജൻ ജാഗ്രത സ്വപ്നങ്ങളിൽ ഉണർന്നു വരുന്നു അതുപോലെ ജാഗ്രതന്നെ ഈ ജീവൻ സാധകൻ എന്തെയ്യുന്നു വിവേകത്തോടുകൂടിയിരിക്കുന്നു അത് നഷ്ടപ്പെട്ടവനാകുന്നു സന്മാർഗത്തിലിരിക്കുന്നു ദുർമാർഗത്തിലിരിക്കുന്നു യോഗാഗ്രഹമായിട്ടിരിക്കുന്നു വിക്ഷിപ്തമായിരിക്കുന്നു അതാണ് താഴുകയും പൊങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെയിരിക്കുന്ന അസഹൃദന ഉദന്നതി ത്രാസല് വീണ്ടും വീണ്ടും ശരീരം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭയപ്പെടുത്തുന്ന സംസാര സമുദ്രത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്തു അതെങ്ങനെ പോരെ ഘോരമായിരിക്കുന്ന ഈ സമുദ്രത്തിൽ ചെയ്തിരിക്കുന്ന മേ എന്റെ മോഹാന്തകാരം അന്ധകാരത്തെ ഏതൊരു ഗുരുവിന്റെ പ്രജ്ഞാലോകാഭാസ ആ പ്രജ്ഞാ പ്രകാശം കൊണ്ട് പ്രതിഗതി പ്രതിഗതി നാശത്തെ പ്രാപിച്ചത് ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന എന്റെ മോഹാന്ധകാരം ഗുരുവന്റെ പ്രജ്ഞാപ്രകാശം കൊണ്ട് നഷ്ടമായി അവിടെ താൻ ശ്രവണ മനനങ്ങൾ ചെയ്ത് അറിവിനെ ഉണ്ടാക്കി നശിച്ചു എന്നല്ല പറയുന്നു അറിവെന്ന് പറയുന്നത് ഗുരുവിന്റെ അറിവാണ് അറിവിന്റെ പ്രകാശം കൊണ്ടാണ് എന്റെ അന്ധകാരം നഷ്ടപ്പെട്ടത് അവിടെ പോലും എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു എന്നുള്ള അറിവുണ്ടായി എന്റെ അറിവുകൊണ്ട് നശിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ഈ അറിവ് ഒരു തരത്തിലുള്ള ഔദ്ധത്യത്തെയും ഉണ്ടാക്കത്തിട്ട ഔദ്ധത്യം എന്ന് പറഞ്ഞാൽ അറിയാണല്ലോ എന്നുള്ള ഭാവം ഞാൻ ജ്ഞാനിയായി എന്റെ അജ്ഞാനം നശിച്ചു അങ്ങനെ ഒരു ഭാവം ഒരിക്കലും ആരിലും ഇതുണ്ടാക്കുന്നില്ല അതല്ല അത് തത്വത്തെ ഗ്രഹിക്കാത്തുകൊണ്ട് പറയുന്നവരാണ് അല്ലെങ്കിൽ ഭാവിക്കുന്നതാണ് ഞാൻ ജ്ഞാനിയാണ് മറ്റുള്ളവരെല്ലാം ജ്ഞാനികളാണ് അങ്ങനെ ഭാവങ്ങളൊന്നും ഇവിടെയില്ല ഇത് തന്നെ സംബന്ധിച്ച് മാത്രമല്ല എങ്ങനെയാണോ തന്റെ അന്ധകാരം നശിച്ചത് അതുപോലെ യത് പാദവും ആശ്രിതാന ആ ഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിച്ചിട്ടുള്ളവർക്കെല്ലാം ശ്രുതി ശമ വിനയപ്രാപ്തിരഗ്രിയ ഹ്യമോഖ ശ്രുതി ശ്രവണം ഗുരുവിന്റെ സാമീപ്യം എന്തിനു വേണ്ടിയിട്ടാണ് ആ തത്വശ്രവണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ ഗുരുവിനെ ആശ്രയിച്ചവർക്കെല്ലാം ആ ശ്രവണ സൗഭാഗ്യം അത് ലഭിച്ചിട്ടുണ്ട് ആ ശ്രവണസുഖം അത് ലഭിച്ചിട്ടുണ്ട് അഗ്രിയ ഏറ്റവും ശ്രേഷ്ഠമായി ആ ശ്രവണത്തിന്റെ ആ തത്വം എത്രമാത്രം പ്രകാശിക്കാമോ മാത്രമാത്രം ആ തത്വം ഒന്നിലൂടെയും ഒരു മാധ്യമത്തിലൂടെയും പൂർണ്ണമായും പ്രകാശിക്കുന്നു അല്ല പൂർണ്ണതയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അഗ്രിയ അഗ്രയാണ് എത്രമാത്രം വെളിച്ചം ഉള്ളിൽ പകരാമോ അത്രമാത്രം ശുതി ശമം അതിന് സഹായകമായി വരുന്ന ശമം അതുപോലെ വിനയം ഉയർവ് അറിവിനെ ശരിയായി ഗ്രഹിക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള ഔദ്ധത്യത്തെയും ഒരു തരത്തിലുള്ള അഹംഭാവത്തെയും സൃഷ്ടിക്കുന്നില്ല മനസ്സിൽ എല്ലാ അഹംഭാവങ്ങളെയും എല്ലാ മമതകളെയും നശിപ്പിക്കുക ഒരു തരത്തിലുള്ള പൊങ്ങച്ചും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ജാടയും സൃഷ്ടിക്കത്തില്ല അതല്ല അതിനോട് പറയുന്നത് എന്താണോ ശ്രുതി ശമ വിനയ ഇത്രയും ഉണ്ടാകുന്നു പ്രാപ്തിരഗ്രിയ ഏതൊരു പരമഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നവനെയാണോ ഇതെല്ലാം സംഭവിക്കുന്നത് അതെങ്ങനെ അഗ്രിയ ഏറ്റവും ശ്രേഷ്ഠമായി ഉത്തമമായി അമോഘ സഫലമായി ഇതൊന്നും വ്യർത്ഥമായി തീരുന്നില്ല ഇതതിന്റെ പരമമായ ഫലത്തെ നൽകിയിട്ടേ അവസാനിക്കത്തുള്ളൂ അത് ഇത്രയും ശ്രേഷ്ഠമായ മഹാത്മ്യമുള്ള ഒരു തത്വത്തെ ഇവിടെ പരമഗുരു വെളിപ്പെടുത്തുകയും അത് എത്രയോ സമ്പ്രദായങ്ങളിലൂടെ തലമുറകളിലൂടെ അത് എത്രയോ ശ്രോതാക്കൾ മമ്മൂട്ടുകൾ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇത് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഉപദേശിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അനാദിയായി വിദ്യാപാരമ്പര്യം ഇത് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയും അതെങ്ങനെ നിഷ്ഫലമാകും അതാകത്തില്ല അമോഘ അത് ഫലവത്താകുന്നതാണോ ആ വിദ്യ ഒരിക്കലും വ്യർത്ഥമാകത്തില്ല ഒരുപക്ഷേ അത് കാലത്തെ അപേക്ഷിക്കുമായി അതുകൊണ്ടാണ് വിദ്യാപാരമ്പര്യം എന്ന് പറയുന്നത് വിദ്യയ്ക്കൊരു തുടക്കം കൽപ്പിക്കുന്നില്ല ഒരു പുസ്തകം പഠിക്കുന്നതും ഒരു പ്രസ്തവം തീർക്കുന്നതല്ല ഗ്രന്ഥത്തിന്റെ ആരംഭവും സമാപ്തിയല്ല വിദ്യയുടെ ആരംഭവും സമാപ്തി വിദ്യക്ക് ആരംഭവും സമാപ്തി ഇല്ലാത്തതാണ് എത്രയോ മുക്തന്മാർ ഉണ്ടായിട്ടും വീണ്ടും ഈ വിദ്യ പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇതിനൊരു തുടക്കം എടുക്കുന്നില്ല നമ്മൾ കരുതുന്നത് പോലെ ഒരു പുസ്തകം പഠിക്കുന്നതോ ഒരു പുസ്തകം അവസാനിപ്പിക്കുന്നതോ അല്ല വിദ്യ അതുകൊണ്ടാണ് ഒരു ബന്ധമല്ല വിദ്യ ഒരു പ്രവാഹമാണ് അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അനാദി അനന്തമായി മുക്തനും അതിനെ കടക്കാൻ പറ്റുന്നില്ല എത്ര പേര് മുക്തന്മാരായി അവരെന്ത് ചെയ്തു ഈ സംസാരത്തെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ വിദ്യയുടെ പാരമ്പര്യം അത് ആ പോലെ തന്നെ അനാദി അനന്തമാണ് സനാതനമാണ് അതൊരിക്കലും നിഷലമാകുന്നില്ല അത് ഒരു ജീവനിൽ നിന്നും മാറി വേറൊരു ജീവനിൽ അല്ലെങ്കിൽ ഒരു ജീവനിൽ തന്നെ തുടർന്നുകൊണ്ട് അത് സഫലമായി തീരും അങ്ങനെയുള്ള വിദ്യ ഏതൊരു ഗുരുവിന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുന്നവർക്കാണോ ഉണ്ടാകുന്നത് തത്പാദു ആ പാദങ്ങളെ എന്ന് പറയുമ്പോൾ ഗുരുതത്വത്തെ കേവലം മാംസമയമായ പാദങ്ങളെയല്ല ഉദ്ദേശിക്കുന്നു ആ തത്വത്തെ പാവനീയവും അത് പാവനീയമാണ് പരിശുദ്ധമാണ് അത് സ്വയം പാവന സ്വരൂപമാണ് മറ്റു സർവ്വജീവന്മാരെയും പാവനമാക്കുന്നതാണ് അതുകൊണ്ട് പാവനീയമായിരിക്കുന്ന ഭവഭയവിനുതവും ഈ ഭവഭയത്തെ ഈ ജീവഭാവത്തെക്കുറിച്ച് ഈ ജീവഭാവത്തിലുള്ള ഭയത്തെക്കുറിച്ച് ആശങ്കകൾ ഉത്കണ്ഠകൾ ഇതിൽ ഉണ്ടാകുന്ന വിതാര വിചാരങ്ങൾ കമക്രോധങ്ങൾ ഭയലോഭങ്ങൾ എല്ലാം എന്തെല്ലാം ഇതിന് തടസ്സമായി നിൽക്കുന്ന അതെല്ലാം ഭയമാണ് ഈ തത്വം പ്രകാശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സർവത്തെയും മിനുതവും നശിപ്പിക്കുന്നതാണ് ആ പാവനീയ പാദങ്ങൾ എന്ന് പറഞ്ഞു ഇവിടെ സർവത്തിൽ നിന്നും മുക്തനായിരിക്കുന്ന ആ ഗുരുതന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും സ്വഗുരുവിനെ സ്മരിച്ചുകൊണ്ട് അതാണ് മേ എന്നെടുത്ത് പറഞ്ഞത് സർവഭാവ എങ്ങനെയാണ് ഗുരുവിനെ നമസ്കരിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് പറയുന്നു സർവഭാവങ്ങളാണ് എന്തെല്ലാം ഭാവങ്ങളാണോ തന്റെ അന്ധകരണത്തിനും ഉയരുന്നത് ആ സർവഭാവങ്ങളെ കൊണ്ടും സർവരൂപത്തിലും നമ്മൾ സാധാരണ പറയേണ്ടല്ലോ ധനവും തനവും മനവും എന്ന് പറയുന്നത് സർവത്തെ അസാധാരണ രീതിയിൽ പറയും ഇവിടെ ആധ്യാത്മിക സന്ദർഭത്തിൽ വരുമ്പോൾ എന്താണ് ആന്തരികമായ എല്ലാ ഭാവങ്ങളാണ് ഏത് ഭാവം ആ ഭാവങ്ങളാൽ എല്ലാവരും ഗുരുവിനും നമസ്കരിക്കരുത് ആത്യന്തികമായി അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആധ്യാത്മിക മാർഗത്തിൽ മറ്റെന്തൊക്കെ ആയാലും ശരി ആദ്യവും അന്ത്യവും ചെയ്യേണ്ട ഇതൊന്ന് മാത്രം എന്താണെന്താണ് നമസ് ചെയ് ആ പരമഗുരുവിനെ ആ പരമതത്വത്തെ തന്നെ ഗുരുവായി കണ്ട് നമസ്കരിക്കുന്നു യ്രജ്ഞാനോകഭാസ പ്രതിഹതി മകമദ് സ്വാന്ദമോഹന്ധകാരോ മജ്ജോന്മജ്ജൂരേ ഹ്യസൃത് ഉപജനോന്വതി ഉപജനോദന്വതിസേ മേ യത്പാദവാശ്രിത ശ്രുതിശമവിനയപ്രാതിർ അഗ്രഹ്യമോ തത്പാദ പാവനീയോയുദർനേ